വിഷേസിണ വിഷയ തധർമാണ വിഷയധ്യത്രിയുക്തം തോന്യാധർമ്മ അധ്യസര വിവേക അത്യന്തോധർമ്മണോ മിഥ്യനിമ മീകൃത്വത്തി അഹിതം ിതി നൈസർഗികോയം ലോകവ്യവഹാര തഥാപി എന്ന് തുടങ്ങിയതിന് ശേഷം പറയുന്ന ഭാവങ്ങളാണ് അധ്യാസത്തെ വിശദീകരിക്കുന്നത് അധ്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ് അധ്യാസം എന്ന് ഭ്രമം അധ്യാസം എന്ന് പറഞ്ഞാൽ അഹം എന്ന് പറയുന്ന നമ്മുടെ ഈ അനുഭവം ഞാൻ എന്നുള്ള അനുഭവം ഇത് അധ്യാസമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അധ്യാസം എന്ന് പറഞ്ഞാൽ ഭ്രമമാണ് വാദിനോട് ചേർന്നു വരുന്ന അഹം കർത്താവ ഞാൻ കർത്താവാണ് അഹംഭോക്ത ഞാൻ ഭോക്താവാണ് അഹം ഭ്രമമാണെങ്കിൽ കർത്താവ് ഭോക്താവ് എന്നെല്ലാം പറയുന്നതെല്ലാം ഭ്രമമാണ് അത് ആ ഭ്രമത്തെ ആണ് ഇവിടെ വിശദീകരിക്കുന്നത് അതിനുവേണ്ടി പറഞ്ഞു അന്യോന്യസ് അന്യോന്യാത്മകത അന്യോന്യധർമാംസ്ഥ അധ്യസ്യ അന്വയിക്കേണ്ടത് വ്യവഹാര അധ്യാസം കൊണ്ട് വ്യവഹാരം സംഭവിക്കുന്നു എന്നാണ് വ്യവഹാരം എന്ന് പറയുന്നത് അഭിജ്ഞ അഭിവദനം ഉപാദാനം അർത്ഥക്രിയ നാല് തരത്തിൽ വിവരണത്തിൽ പറയും പഞ്ചപാതിക വിവരണം ഇവിടെ അത്രയും നാലായിട്ട് വിശദീകരിക്കുന്നില്ല അഭിജ്ഞ അറിയുക അതൊരു വ്യവഹാരമാണ് അഭിവദനം പറയുക വ്യവഹാരമാണ് ഉപാദാനം ഗ്രഹിക്കുക വ്യവഹാരമാണ് അർത്ഥക്രിയ എല്ലാ പ്രവൃത്തികളും ബാക്കിയുള്ള എല്ലാ പ്രവൃത്തികളും ഗ്രഹിക്കുക സ്വീകരിക്കുക അഭിജ്ഞ അഭിവദനം ഉപാദാനം അർത്ഥക്രിയ ഇങ്ങനെ നാല് തരത്തിൽ പറയാം ഇവിടെ ഇവിടെ അങ്ങനെ വിശദീകരിച്ചില്ല പ്രമാണം കൊണ്ട് പ്രമേയജാതത്തെ അറിഞ്ഞിട്ട് ഉപാധാന പരിവർജനാദി എന്ന് പറഞ്ഞപ്പോൾ അതിലെല്ലാം വന്നു എല്ലാ പ്രവർത്തികളും ഞാൻ വ്യവഹാരമെന്ന് പറഞ്ഞു ഇവിടെ പറയുന്ന എന്താണ് അന്യുന്യസ്മിൻ പരസ്പരത്യാസം അപ്പൊ അതിനുദാഹരണമാണ് പറഞ്ഞത് അഹമിതം എന്ന് പറയുന്നതാണ് പരസ്പര ധർമ്മി താതാത്മ്യം ആത്മാവും അനാത്മാവും തമ്മിലുള്ള അത്യാസം അതിന് ഉദാഹരണമാണ് അഹം ഹിതം അപ്പൊ അത് പറഞ്ഞു അഹംഇതം എന്നൊരു അനുഭവം ആർക്കും കാരണം അഹം എന്ന് പറയുന്നതിന്റെ നേരെ വിപരീതമാണ് ഇതം അപ്പൊ രണ്ടും കൂടെ അഭേദമായിട്ടൊരു അനുഭവം ഉണ്ടാകത്തില്ല കാരണം പരസ്പര വിരുദ്ധമായത് പരസ്പരവിരുദ്ധമായിരിക്കുന്ന ഒന്നിന്റെ അഭേദമായ അനുഭവം ഉണ്ടാകത്തില്ല പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ത് ദേഹവും ആത്മാവും തമ്മിൽ ചേർന്ന് ദേഹാത്മബുദ്ധി ഉണ്ടാകുന്നുണ്ട് അപ്പം അവിടെ ഒരു താതാത്മ്യം സംഭവിക്കുന്നുണ്ട് അത് വാസ്തവ താതാത്മ്യമുണ്ട് വാസ്തവദാതാത്മ്യം എന്ന് പറഞ്ഞ ഉദാഹരണം പറയും ജാതിയും വ്യക്തിയും പശുവും പശുത്വവും മനുഷ്യനും മനുഷ്യത്വവും തമ്മിലൊരു താദാത്മ്യമുണ്ട് പശുക്കളിലെല്ലാം മനുഷ്യത്വം താദാത്മ്യത്തിരിക്കുന്നു പശുത്വം മനുഷ്യനെല്ലാം മനുഷ്യത്വം അതുപോലെ വാസ്തവദാതാത്മ്യവും ഇല്ല പിന്നെ ഇതെന്താണ് ഒരു ഭ്രാന്തിയാണ് ഞാനും ഇതും ഒന്നായിരിക്കുന്നു ഞാനെന്ന് പറയുന്നത് ആത്മാവ് ഇതെന്ന് പറയുന്നത് ശരീരം ഇതൊന്നായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവമല്ല പക്ഷെ ശരീരത്തിൽ ആത്മബുദ്ധിയുണ്ട് കാരണം അഹം ഇതോ ഒന്നനുഭവിക്കാൻ പറ്റിയില്ല എന്നാൽ ശരീരത്തിൽ അഹമെന്നുള്ള ബോധം വരും അതുകൊണ്ട് പറഞ്ഞു അഹം ഇതോ എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ അങ്ങനെയൊരു പ്രതീതിയല്ല പക്ഷെ വാസ്തവത്തിൽ അതുണ്ട് എന്താ ശരീരത്തിൽ ആത്മബുദ്ധിയൊരു അതിൽ അന്യോന്യം എന്ന് പറയുമ്പോൾ ആത്മാവിൽ ശരീരത്തെ അധ്യസിക്കുന്നത് പോലെ ശരീരത്തിൽ ആത്മാവിനെ അധ്യസിച്ചു എന്ന് പറയാൻ പറ്റില്ല അന്ന് അധ്യാസ മിഥ്യയാ എന്താണോ അധ്യസിക്കുന്നത് അധ്യസ്ഥ മിഥ്യയാ ശരീരത്തിൽ ആത്മാവിനെ അധ്യസിച്ചു എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്താവും എന്താ മിഥ്യയായിപ്പോ അതുകൊണ്ട് എന്താണ് അങ്ങനെ പറയാൻ പറ്റില്ല സാറിന് പറയും ഇയം ശക്തിഹി ഹിതം രജതം മിഥ്യ മധ്യസ്ഥത്വ ഈ രഹതം മിഥ്യയാണ് അധ്യസ്ഥമായ രഹതം എന്ന് പറയുന്നത് മിഥ്യയാണ് വെള്ളി എന്തുകൊണ്ട് അധ്യസ്ഥമായ ശരീരത്തിൽ ആത്മാവിനെ അധ്യസിച്ചിരിക്കും അതുകൊണ്ട് ആത്മാ മിഥ്യ അധ്യസ്ഥമായ പറയും അങ്ങനെ പറയാൻ പാടില്ല അതുകൊണ്ട് ആത്മാവിൽ ശരീര താതാത്മ്യം വരുന്നുണ്ട് ശരീര താതാത്മ്യം അധ്യസിക്കുന്നുണ്ട് ശരീരവും അധ്യസിക്കുന്നു ശരീരം സ്വരൂപേനെ അവിടെ അധ്യസിക്കുന്നുണ്ട് അപ്പം അവിടെ സ്വാഭാവികമായിട്ടും ശരീര താതാത്മ്യം വരും രണ്ട് അധ്യാസത്തെയും സ്വീകരിക്കാം സംസർഗ്ഗ അധ്യാസത്തെയും സ്വരൂപ അധ്യാസത്തെയും ആത്മാവിൽ ശരീരത്തിന്റെ താതാത്മ്യം അതാണ് സംസർഗത്യാസം അവിടെയാണ് ഈ ഞാനെന്നൊക്കെ നമുക്ക് അനുഭവം ഉണ്ടാകുന്നത് ആത്മാവിൽ ശരീരത്തിന്റെ താതാത്മ്യം അധ്യസിക്കുന്നു അതുപോലെ തന്നെ ശരീരവും അധ്യസിക്കുന്നു അല്ലെങ്കിൽ ആത്മാവിൽ പ്രപഞ്ചത്തിന്റെ അധ്യാസം വരുന്നു അല്ലെങ്കിൽ പ്രപഞ്ച താതാത്മ്യം ആത്മാവിന് വരുന്നു പ്രപഞ്ചസംസർഗം അതാണ് പ്രപഞ്ചത്തെ നമ്മൾ സത്തായി അറിയുന്നത് തിരിച്ച് ആത്മാവിന്റെ അധ്യാസം പ്രപഞ്ചത്തിൽ വരത്തില്ല ആത്മതാതാത്മ്യം പ്രപഞ്ചത്തിൽ വരുന്നു ആത്മസംസർഗം പ്രപഞ്ചത്തിൽ വരുന്നു പ്രപഞ്ചത്തിൽ നമുക്ക് എന്തറിയാൻ പറ്റുന്നു സത്യം എന്നറിയാൻ പറ്റുന്നു അന്യോന്യ അധ്യാസം നമ്മുടെ ഭാഷകാരൻ അന്യോന്യം അധ്യസിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നീട് വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ അന്യോന്യം അധ്യസിക്കാൻ പാടില്ലല്ലോ ആത്മാവിൽ അനാത്മാവ് അത് മിഥ്യയാണ് അതുപോലെ അനാത്മാവിൽ ആത്മാവ് അധ്യസിച്ചാൽ അതും അതുകൊണ്ടാണ് അവർ പറയുന്നത് ആത്മാവിൽ അനാത്മാവും അതിന്റെ താതാത്മ്യവും അധ്യസിക്കുക പക്ഷെ അനാത്മാവിൽ ആത്മാവ് അധ്യസിക്കില്ല അതിന്റെ താതാത്മ്യം എന്ന് വെച്ചാൽ ഒരു സംസർഗം ഒരു സംബന്ധമാണ് അധ്യസിക്കുന്നത് വെച്ച അവിടെ അധ്യാസം എന്ന് പറഞ്ഞാലേ ഭ്രമമാണ് ധ്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആത്മാവിൽ പ്രപഞ്ച ഭ്രമെന്നാണ് ആത്മാവിൽ പ്രപഞ്ച താതാത്മ്യം അധ്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ പ്രപഞ്ച താതാത്മ്യ ഭ്രമെന്നാണ് അതുപോലെ തന്നെ ആത്മാവ് ആത്മതാതാത്മ്യം പ്രപഞ്ചത്തിൽ അധ്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മതാതാത്മ്യത്തിന്റെ ഭ്രമം പ്രപഞ്ചത്തിലുണ്ടെന്നാണ് ആത്മാവായി പ്രപഞ്ചത്തെ തോന്നുന്നു ആത്മാവാണ് സത്ത് സത്തായി പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത് അനുഭവിക്കുന്നത് ആത്മസംബന്ധം പ്രപഞ്ചത്തിന് അനുഭവിക്കുന്നുണ്ട് അതവിടെ താതാത്മ്യം എന്ന് പറഞ്ഞാൽ വാസ്തവ താതാത്മ്യമല്ല പിന്നെ എന്താണ് കേവലം ഭ്രമം മാത്രമാണ് അതാണ് അന്യോന്യ അധ്യാസത്തെ കുറിച്ച് പറഞ്ഞത് ആണ് സകലതും ഉള്ളത് തന്നെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഉള്ളതെന്ന് പറയുന്നത് എന്താണ് അതാണ് സത്വം ആത്മാവ് അത് സകലത്തിനും അനുഭവപ്പെടുന്നു എന്നുവെച്ചാൽ അതിന്റെ താതാമ്യം എല്ലാത്തിലും അനുഭവപ്പെടുന്നു അതിന്റെ സംസർഗം അതിന്റെ സംസർഗം വന്നു കഴിഞ്ഞാ എന്ത് വരുന്നു നമ്മളെല്ലാത്തിനേയും എന്ത് പറയുന്നു ഉള്ളത് എന്ന് പറയുന്നു എല്ലാത്തിനേയും ഉള്ളതായി അറിയുന്നു ഇതാണ് സത്ത് താതാത്മ്യം പ്രപഞ്ചത്തി വരുന്നത് വാസവത്തി ആ സത്തിന്റെ ഒരു സംസർഗം ഒരു താതാത്മ്യാധി വരുന്നു എന്നേ ഉള്ളൂ ആ താതാത്മ്യം വരുന്ന വാസുവ ഒരു ഭ്രാന്തിയാണ് വാസ്തവത്തി ഒരു വരുന്നില്ല അപ്പോൾ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ എന്താണ് സത്ത് പ്രപഞ്ചത്തിൽ ഉള്ളതുപോലെ നമുക്ക് തോന്നും സത്ത് അല്ലെങ്കിൽ ഉമ്മ പ്രപഞ്ചത്തിൽ ഉള്ളതുപോലെ നമുക്ക് തോന്നും അല്ലെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ പറയാം ഈ പ്രപഞ്ചം സത്താണെന്ന് നമുക്ക് തോന്നും പ്രപഞ്ചം സത്താണെന്ന് നമ്മൾ അനുഭവിക്കുന്നതാണ് പ്രപഞ്ചത്തിൽ വരുന്ന സത്താതാത്മ്യം എന്ന് പറയുന്നു പ്രപഞ്ചം സത്താണെന്നുള്ള അനുഭവം അങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് പ്രപഞ്ചമുള്ളതാണെന്നുള്ള അനുഭവം അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് സത്തിന്റെ ആ ചേർച്ച താതാമ്യം പ്രപഞ്ചത്തിനുള്ളതായി നമുക്ക് തോന്നുകയാണ് അങ്ങനെ ഒന്നില്ലെന്നാണ് ഇവിടെ പറയുന്നത് അത് വിശദീകരിക്കും ഇനി അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആ സത്തിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമില്ല അപ്പോൾ സത്ത് പ്രപഞ്ചം എന്ന് പറയുന്ന രണ്ട് പദാർത്ഥങ്ങൾ അതിൽ പ്രപഞ്ചം സത്താണെന്ന് തോന്നുക അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സത്ത് എന്നുള്ള അനുഭവം ഇതെന്ന ഒരു ഭ്രാന്തിയാണ് ഇതാണ് അദ്വീതം പറയുന്നത് അതാണ് സകലത ഉള്ളത് തന്നെയെന്നൊക്കെ പറയുന്നു അസ്ഥി അസ്ഥി എന്ന് സകലോപരി നിൽപ്പതെന്നൊക്കെ പറയുമ്പോ ഇതേ ആശയമാണ് പറയുന്നത് അത് വിധത്തിൽ അന്യോന്യ അധ്യാസത്തിനാണ് അഹമിതം എന്നതാണ് പറയുന്നത് അവിടുത്തെ അന്യോന്യധർമാധ്യസ്ഥ അന്യോന്യധർമ്മങ്ങൾ പരസ്പര ധർമ്മങ്ങൾ ആത്മാവിന്റെ ധർമ്മവും അനാത്മാവിന്റെ ധർമ്മവും ിക്കുന്നു താഥാമ്യപ്പെടുന്നു എന്ന് വെച്ചാൽ രണ്ടും ഒന്നായതുപോലെയുള്ള ഒരു അനുഭവം എന്നുവെച്ചാൽ അതൊരു ഭ്രാന്തി അങ്ങനെ ആത്മധർമ്മങ്ങൾ അനാത്മാവിൽ വന്നതായിട്ടും അനാത്മധർമ്മങ്ങളിൽ ആത്മാവിൽ വന്നതായിട്ടുള്ള ഒരു അനുഭവം ഈ അനുഭവം ഭ്രാന്തിയാണ് ആത്മധർമ്മമായിരിക്കുന്ന ചൈതന്യം ബോധം ആത്മധർമ്മമായിരിക്കുന്ന ചൈതന്യം ബോധം ശരീരത്തിൽ വന്നതായൊരനുഭവം അതുകൊണ്ടാണ് നമ്മൾ ഒഴിഞ്ഞും ശരീരത്തിൽ ചൈതന്യമുണ്ട് ചൈതന്യവത്തായ ശരീരം ഇതൊരു ഭ്രാന്തിയാണ് അതുപോലെ ശരീരധർമ്മം അതാണ് വലുത് ചെറുത് നീളമുള്ളത് നീളമില്ലാത്തത് ബാല്യം യൗവനം വർദ്ധിക്കും തുടങ്ങിയ ശരീരധർമ്മങ്ങൾ ആത്മാവിൽ വന്നതായിട്ടുള്ള ഒരു അനുഭവം അതും ഭ്രാന്തിയാണ് അതാണ് ഇവിടെ പറയുന്നത് അന്യൂന്യധർമാംശ അന്യൂന്യധർമ്മങ്ങളും അധ്യസ അധ്യസിച്ചിട്ട് അധ്യാസം എന്ന് പറയുന്നത് ഒരനുഭവമാണ് ഭ്രാന്തിയാണ് അനുഭവമാണ് അത് തന്നെ പറയുന്നു അന്യോന്യസ്മിൻ ധർമ്മിണി പരസ്പര ധർമ്മികൾ ദേഹവും ശരീരവും അല്ലെങ്കിൽ ആത്മാവും പ്രപഞ്ചവും എല്ലായിടത്തും ഇതുണ്ട് ദേഹാദി ധർമാൻ ജരാമരണ ജന്മ മരണ ജരാവധ്യാധീൻ ആത്മനി ധർമ്മിണി ദേഹധർമ്മങ്ങളെന്ന് പറഞ്ഞെന്താണ് ജന്മം മരണം അത് അത് ഫ്ളൈറ്റ് മോഡലിട്ട് വെക്കി ഫ്ളൈറ്റ് മോഡൽ അതിന് വേറെ ആരെയും വിളിച്ചാൽ അതല്ല ഇത് കിട്ടി ഫ്ലൈറ്റ് മോഡലിട്ട് വയ്ക്കി കുഴപ്പം എടുക്കും അത് കുഴപ്പമില്ല അന്യൂന്യസ്മിൻ്റെ ധർമ്മം ഇതൊക്കെ എന്തൊക്കെയാണ് ജന്മം മരണം ജരം വ്യാധി പിന്നെ കൃഷിത്വം സ്ഥൂലത്വം തുടങ്ങിയ ധർമ്മങ്ങൾ ദേഹധർമ്മങ്ങളുടെ ധർമ്മിണി ആത്മാവിൽ അപ്പൊ ആത്മാവിൽ ഈ ധർമ്മങ്ങളെ നേരിട്ട് അധ്യസിക്കുകയല്ല ചെയ്യുന്നത് പിന്നെ എന്തു ചെയ്യുന്നു അധ്യസ്ഥാദിഭാവേ ധർമ്മിണി ധർമ്മിയുടെ വിശേഷമാണ് ദേഹം എന്തൊക്കെ ഇതെല്ലാം അധ്യസിക്കപ്പെട്ട ആത്മാവാണ് അപ്പൊ ധർമ്മികധ്യാസം ആദ്യം നടക്കണം ധർമ്മികധ്യാസം നടക്കണം ധർമ്മികൾ എന്തൊക്കെയാണ് ആത്മാവും ശരീരവുമാണ് ധർമ്മികൾ അപ്പൊ ശരീരത്തിന്റെ ഒരു ധർമ്മം ഇതാണ് സ്ഥൂലത്വം അത് ആത്മാവിൽ അധ്യസിക്കണമെങ്കിൽ ആദ്യം എന്തിനെ അധ്യസിക്കണം ശരീരത്തിൽ ആണ് അധ്യസ്ഥദേഹാദിഭാവിയെ ദേഹാദികളെ അധ്യസിക്കപ്പെട്ടതായ ധർമ്മിയിൽ ദേഹാദികളെ അധ്യസിച്ച ധർമ്മി ആത്മാവിൽ പിന്നെ എന്തിനാ ദേഹധർമ്മത്തെ അധ്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാള് ഞാൻ എന്ന് ദേഹത്തെ അറിയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ആത്മാവിൽ ദേഹത്തെ അധ്യസിച്ചെന്നർത്ഥം ആത്മാവിൽ ദേഹത്തെ അധ്യസിക്കുമ്പോഴാണ് ഒരാളെന്ത് പറയുന്നത് ഞാൻ ഈ ദേഹത്തെ കുറിച്ച് പറയുന്നു എന്ന് വെച്ചാൽ നെഞ്ചി കൈവച്ചിട്ട് പറയുന്നു ഞാൻ അവിടെ എന്ത് ചെയ്തു ഒരു ധർമ്മിയിൽ ആത്മാവൻ മറ്റൊരു ധർമ്മിയെ അധ്യക്ഷിച്ചു ആത്മാവൻ ദേഹത്തെ അധ്യക്ഷിച്ചു അധ്യസിച്ചു കഴിഞ്ഞതിനു ശേഷം ദേഹധർമ്മത്തെ അങ്ങോട്ട് ആത്മാവിന് അധ്യസിക്കുമ്പോഴാണ് പറയുന്നത് പറയുന്നത് എന്താണ് ആത്മാലപ്പൊ അതാണ് പറയുന്നത് ധർമ്മി അധ്യാസപൂർവകമാണ് ധർമാധ്യാസം എന്നുവെച്ചാൽ ധർമ്മി സംഭവിച്ചിട്ടാണ് ധർമാധ്യാസം സംഭവിക്കുന്നത് അങ്ങനെ വരുന്നുണ്ട് ആദ്യം പറയും ഞാനെന്ന് നെഞ്ചി കൈവച്ച് പറയും ചെയ്തു ദേഹത്തെ ചൈതന്യത്തിലധ്യസ്ഥ ബോധത്തിലധ്യസ്ഥ പിന്നെ പറയുന്നു ഞാൻ തടിച്ചവനാണ് അപ്പൊ ദേഹധർമ്മത്തെ വീണ്ടും ഇവിടെ അധ്യസിച്ചു ആ ദേഹത്തെ അധ്യസിച്ചു അപ്പൊ ദേഹത്തെ അധ്യസിച്ചു അത് കഴിഞ്ഞ എന്ത് ചെയ്തു ഞാൻ തടിച്ചവനാണെന്നൊരു ബോധം ഉണ്ടാകും ഇതും ഭ്രാന്തിയാണ് ഇത് ദേഹധർമ്മത്തിന്റെ അധ്യാസമാണ് ഇതാണ് പറയുന്നത് അതാണ് ധർമ്മി അധ്യാസവും ധർമ്മധ്യാസവും അധ്യസ്ഥദേഹാദി ഭാവിയ അധ്യസ്ഥമായ ദേഹാദി എന്ന് വെച്ചാൽ ദേഹം അന്തരണമല്ല അധ്യസ്ഥതായ ധർമ്മീ സമാരോപ്യ അത് അല്ല ഈ അനുഭവങ്ങളൊന്നും യഥാർത്ഥമല്ല എന്നാണ് യഥാർത്ഥമല്ലെന്നുവെച്ചാൽ പാരമാർത്ഥികമായി യഥാർത്ഥമല്ല വ്യവഹാരത്തിൽ ഇതൊക്കെ യഥാർത്ഥമാണ് അതും തെറ്റിദ്ധരിക്കാൻ പാടില്ല നമ്മളെ വ്യവഹാരത്തിൽ എന്താണ് ഇതൊക്കെ യഥാർത്ഥമാണ് ഞാനെന്നുള്ള അനുഭവ യഥാർത്ഥമാണ് ഭ്രാന്തിയല്ല്രാന്തിയാണ് അങ്ങനെ ആരോപിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു തഥ ചൈതന്യാദീൻ ആത്മധർമാൻ ഇനി ധർമ്മ അധ്യാസത്തെ കുറിച്ച് പറയുമ്പം അതിൽ വളരും കിരുന്നൊന്നുമല്ല ആത്മാവ് ജ്ഞാനസ്വരൂപമാണ് പക്ഷെ നമ്മുടെ ഈ ജ്ഞാനം ഇപ്പം ഉള്ളിലിരിക്കുന്ന ഈ അറിവെന്ന് പറയുന്നത് എന്താണ് അത് ആത്മാവല്ല ആത്മധർമ്മമാണ് എന്തുകൊണ്ട് അന്ധകർമ്മം എന്ന് പറയുന്ന ഉപാധിയിലൂടെ ആ ചൈതന്യം പ്രകാശിക്കുന്നതാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത് ബോധമെന്ന് പറയുന്നത് എന്താണ് ശുദ്ധമായ ആത്മാവ് എന്താണ് അത് സ്വാഭാവികമായ ആത്മചൈതന്യമാണ് ആ സ്വാഭാവികം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവിടെ അതിനെ കുറിച്ച് ഇന്ന് വിശദീകരിക്കും കൂടുതലായിട്ട് തൽക്കാലം മനസ്സിലാക്കാനുള്ളത് തൽക്കാലം ഇത്രയും മനസ്സിലാക്കണം എന്താണ് നമ്മുടെ ഈ ബോധം എന്ന് പറയുന്നത് ആത്മാവിന്റെ ധർമ്മമാണ് ആത്മാവ് വാസ്തവത്തെ ധർമ്മമൊന്നും ഉള്ളതല്ല നിർഗുണമാണ് പക്ഷേ അന്ധക്കരണമെന്ന് പറയുന്ന ഉപാധിയുണ്ട് ആത്മാവിൻ്റെ ഒരു ധർമ്മം ഉണ്ടായതാണ് നമ്മുടെ ഈ ബോധം ഈ ബോധത്തെ എവിടെ കൊണ്ടുവരുന്നു ശരീരത്തിൽ കൊണ്ടുവരുന്നു ആ ശരീരത്തെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പറയുന്നത് എന്റെ കൈ വേദനിക്കുന്നു കാല് വേദനിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ബോധത്തെ അനുഭവിക്കുകയാണ് ചൈതന്യം എന്ന് വെച്ചാൽ ബോധം മൊത്ത ശരീരം നമ്മളെ സംബന്ധിച്ച് എന്താണ് ബോധമയമാണ് ുട്ടുപഴുത്തവർ ദൈവോളകം പോലെ ശരീരം മുഴുവൻ ഇവിടെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ചൈതന്യവത്തായിട്ട് അതാണ് ഒരു മുള്ളെടുത്ത് കാര്യ കൊത്തിക്കഴിഞ്ഞാൽ വരുന്നു വേദന എന്നുള്ള ബോധം ഉണ്ടാകും ഇതൊക്കെ അദ്വൈതത്തിന്റെ വ്യാഖ്യാനമാണ് അദ്വൈതപരമായ വ്യാഖ്യാനമാണ് ശാസ്ത്രീയമായ വ്യാഖ്യാനങ്ങളൊന്നും അദ്വൈതികൾ വ്യാഖ്യാനിക്കുന്ന പ്രത്യേകം അപ്പോൾ ശരീരത്തിൽ എന്ത് വരുന്നു ബോധം വരുന്നു ഈ ബോധം ഇങ്ങനെ ശരീരത്തിൽ വന്നു കാരണം ആത്മാവിന്റെ ധർമ്മമായ ബോധം അന്ധക്കരണമെന്ന് പറയുന്ന ഉപാധി കൊണ്ട് എന്താണ് ആത്മാവിനോട് ചേർന്ന് അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വാഭാവികമായ ഒരു രൂപമായി ബോധമുണ്ടായി ആ ബോധത്തെ എന്ത് ചെയ്തു ശരീരത്തിലേക്ക് ആരോപിക്കുകയാണ് അവിടെ ഒരു ആരോപണം അങ്ങനൊരു ബോധം ശരീരത്തിൽ അപ്പോൾ എങ്ങനെ ശരീരം ചൈതന്യവത്തായി അത് ആത്മാവിന്റെ ഉപാധി കൊണ്ടു വന്ന ബോധം ശരീരത്തിലേക്ക് ആരോപിച്ചതാണ് അപ്പോ എന്റെ കാലിൽ വേദനിക്കുന്നു എന്ന് ഞാൻ പറയുന്നു അല്ലെങ്കിൽ എന്റെ കാലിൽ സുഖമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ് കാലിനും കയ്യിലും ഒക്കെ ഒരു ബോധമുണ്ട് അതിനെയൊക്കെ സംബന്ധിച്ച് അതിനോട് ചേർന്ന് ഈ ബോധം എന്ന് പറയുന്ന ഒരു ഭ്രാന്തി എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഇത് അധ്യാസമാണ് അധ്യാസം ഭ്രാന്തിയാണ് ഇതൊരു ആരോപമാണ് ശരിക്കും അതവിടെ ഇല്ല ഇതാ ഇതാണ് ഗുരുവിനെ കുറിച്ച് പറയുന്നത് സുഖമില്ലാതപ്പോ നിലപിടിച്ചപ്പോ ശിഷ്യന്മാർക്ക് നാണക്കേടായി അടുത്ത് ചെന്ന് എന്താണ് പറഞ്ഞ ഗുരു ഇങ്ങനെ നടപടിക്കരുത് ബാക്കിയുള്ളവർ കേട്ടുകഴിഞ്ഞാൽ ഏഹ് അത് നാണക്കേടാണെന്ന് ആരോ ഇത് ശിഷ്യൻ എന്ന് പറഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞു അപ്പൊ പാള മുറിക്കുമ്പോഴും ശബ്ദം കേൾക്കും പാളം കയറിയാലും ശബ്ദം കേൾക്കും പാളം മുറിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നത് എന്ത് പാളയിൽ ജീവനുണ്ടായിട്ടാണോ ആണോ ആണോ അപ്പം ഈ ശരീരത്തിലുള്ള ബോധം എന്ന് പറയുന്നത് ഇത് ആരോപിതമാണ് വാസ്തവത്തിൽ ശരീരത്തിന് ബോധമില്ല അത് അധ്യസ്തമാണ് ആരോപിതമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായാലും എന്തുവരും ആ തിരിച്ചറിവുണ്ടായാലും അവിടെ ബോധം ഉണ്ടായിരിക്കും ആരോപണം അവിടെ ഉണ്ടായിരിക്കും ആ ആരോപണം എടുത്തോളം കാലം എന്ത് വരും വേദന ഉണ്ടാവും വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബോധം അധ്യസിച്ചിരിക്കുകയാണ് അപ്പം ശരീരത്തിൽ നിന്ന് നിലവിണി ഉണ്ടാവും അതിന്റെ സത്യം മനസ്സിലായിക്കഴിഞ്ഞാലും എന്തുവരുന്നു ഈ പ്രക്രിയകളൊക്കെ നടക്കുമെന്നുകൊണ്ട് ഇത് അധ്യാസമാണ് ഇത് ഭ്രാന്തിയാണ് ഇപ്പം ശിഷ്യന്മാർ ഈ കാര്യം അറിയാത്തത് കൊണ്ടാണ് ഗുരു ബോധമില്ലാതെ നിലവിളിക്കുന്നു എന്നാണ് ആര് കണക്കാക്കിയത് പരിവാരം കണക്കാക്കി പരിവാരത്തിനോട് ഇത് പറഞ്ഞുകൊണ്ട് അവർക്ക് ബോധം ഉണ്ടായാൽ അവർ പിന്നെ ഇത് പാളായിരിക്കും എന്ന് അതി കൂടുതൽ ബോധമൊന്നും ഉണ്ടാകുന്ന ചുരുക്കാർ അപ്പൊ ആ കാര്യങ്ങളോട് പറയുന്ന അധ്യാസം അധ്യസ്ഥ ദേഹാദി ഭാവിയെ സമാരോപ്യത്തതാ ചൈതന്യാതീന ആത്മധർമ്മ ചൈതന്യം തുടങ്ങിയ ആത്മധർമ്മങ്ങളെ ദേഹാദൗ അധ്യസ്ഥാത്മഭാവേ അവിടെ എന്താണ് അവിടെ നേരത്തെ തന്നെ ആത്മാവിനെ അധ്യസിച്ചിരിക്കുകയാണ് ഇവിടെ ശരീരത്തിൽ ഇവിടെയും ആത്മാവിനെ അധ്യസിച്ചു എന്ന് പറഞ്ഞാൽ ആത്മ താതാമ്യം അവിടെ അധ്യസിച്ചിരിക്കുകയാണ് അല്ല ആത്മാവിനെല്ലാം അധ്യസിച്ചു ആത്മസംസർഗത്തെ ആത്മാവിന്റെ സംസർഗനുഭവം അവിടെ വന്നു കഴിഞ്ഞു ആത്മസംസർഗം എവിടെ വന്നു ശരീരത്തിൽ വന്നു അല്ല ആത്മാവിനെ ശരീരത്തിൽ ആരോപിക്കുകയല്ല അങ്ങനെയാണെങ്കിൽ ആത്മാവിത്യായിരിക്കും പക്ഷെ ആത്മസംബന്ധം ആത്മസംബന്ധം എവിടെ അത് ഏതുപോലെയെന്ന് വെച്ചാൽ അഗ്നിയുടെ സംബന്ധം ഇരുമ്പില് വരുന്നത് പോലെ ആത്മസംബന്ധം എവിടെ വന്നോ ശരീരത്തിൽ വന്നു ശരീരം ചൈതന്യവത്താവ കാര്യങ്ങളൂടെ പറയുന്നത് ആത്മാവിനെവിടെ മറിച്ച് ഈ ആരോപണങ്ങളെല്ലാം നടക്കുന്ന സ്ഥാനമാണ് ആത്മാവ് ആത്മാവിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെ സംഭവിക്കുന്ന പറയുന്നത് അനാദിയായി അനാദിപ്രവാഹമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതിന് അവസാനം വരും ഇതിന് അവസാനം വരുന്നത് ഈ തത്വത്തെ അറിയുന്നതിലൂടെയാണ് ഇതിന് അവസാനം വരുന്നത് അതുവരെ ഈ ആത്മാനാത്മ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിന് എന്താണ് ഒരു മൂല കാരണമെന്ന് പറയാനുണ്ട് കാരണം ഇതിന് ഒരു ആദിയില്ല ഇതിങ്ങനെ പൂറപൂറ ജന്മങ്ങളിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് ഇങ്ങനെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് പല വ്യാഖ്യാനങ്ങളുണ്ട് ചൈതന്യാദീൻ ആത്മധർമ്മമാണ് ചൈതന്യം തുടങ്ങിയ ആത്മധർമ്മങ്ങളെ ആത്മഭാവ അധ്യസ്ഥമായഹത്തിൽ ആത്മ താതാത്മ്യത്തെ അധ്യസ്ഥദേഹത്തിൽ സമാരോപ്യ നേരത്തെ പറഞ്ഞു ആരോപിച്ചിട്ട് ഇവിടെ ധർമ്മഅദ്ധ്യാസമാണ് അതുകൊണ്ട് മമയിതം ജരാ മരണ പുത്ര പശു സൗമ്യാദീതി വ്യവഹാരവും മമയിതം എന്റെ ഇതെന്തൊക്കെയാണ് ജര എന്റേതാണെന്ന് പറയുന്നു എന്റെ ശരീരത്തിൽ ജരവുന്നു മരണം എന്റെ മരണം എന്റെ പുത്രൻ എന്റെ പശു സ്വാമി ഞാൻ ഇതിന്റെ ഉടമസ്ഥനാണ് ത്യാദി വ്യവഹാരം വ്യവഹാരം എന്ന് പറയുന്നത് ഒന്ന് വിപദേശ പറച്ച് പറയുക നേരത്തെ പറഞ്ഞതിനാൽ ഇവിടെ വേറെ രീതിയിൽ പറയുന്നത് നേരത്തെ പറഞ്ഞ അഭിജ്ഞ വിവരണകാലം പറഞ്ഞ അഭിജ്ഞ അഭിവദന ഉപാദാന അർത്ഥക്രിയ ഇവിടെ ചുരുക്കി പറയുകയാണ് വിപദേശ അമ്മ ഇവിടെ അഹം ഇതം ഇതി എന്ന് പറയുന്നു അന്യോന്യസ്മിൻ അന്യോന്യകഥാം അന്യോന്യധർമാംശ്ച അധ്യസ്ഥ അഹമിതം മമേതമിതി വ്യവഹാര എന്നാണ് അന്വയിക്കുന്നത് അന്യം അനുസരിച്ചർത്ഥം പറയാ അവിടെ ഒരു ഇതി വന്നല്ലോ അഹമിതം മമേതമിതി നേരത്തെ ആ ഇതിയുടെ അർത്ഥം പറഞ്ഞ ഇവിടെ എന്താണ് ഇതി ശബ്ദ സൂചിതൊരു ഉപപ്രവൃത്തിയാകും ഇതി കൊണ്ട് പറയുക മാത്രമല്ല പറയുക അറിയുക പ്രവർത്തിക്കുക എല്ലായിടത്തും എല്ലാം സംഭവിക്കുന്നു അപ്പൊ അധ്യാസം കൊണ്ടാണ് വ്യവഹാരം സംഭവിക്കുന്നത് നമ്മുടെ ഈ വ്യവഹാരങ്ങളെല്ലാം സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ അറിയുന്നു പറയുന്നു പ്രവർത്തിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ആത്മാവും ആനാത്മാവും തമ്മിലുള്ള ഒരു താതാമ്യ ഭ്രാന്തി ഭ്രാന്തിയാണ് ഇതിനെല്ലാം അടിസ്ഥാനം മുക്തനെന്ന് പറഞ്ഞാൽ ഈ ഭ്രാന്തി ഇല്ലാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതിനെ ഭ്രാന്തിയാണെന്ന് അറിയുന്നതാണ് എന്നും പറയാം രണ്ടുതായിരത്തി പറയും ഇതിൽ ഭ്രാന്തി ഇല്ലാത്തവൻ അല്ലെങ്കിൽ ഭ്രാന്തി ആണെന്ന് അറിയുന്നവർ രണ്ടുപേരും മുത്തന്മാരാണ് ഇതി ശബ്ദ സൂചിതം ഇതി ശബ്ദം കൊണ്ട് സൂചിതം എന്താണ് തദ്ദി ഇവിടെ അന്യോന്യസ്മൻ അന്യോന്യാത്മകത അന്യോന്യധർമാം ച്യവഹാര ഈ അധ്യസ്യ വ്യവഹാരം പറയുന്നു അധ്യസിച്ചിട്ട് വ്യവഹാരംചതി എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് സഞ്ചരിക്കുന്നു അപ്പം ഭക്ഷണം കഴിച്ചിട്ട് സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പം ഭക്ഷണം കഴിച്ച ആളായിരിക്കും സഞ്ചരിക്കുന്നു രണ്ടും ചെയ്യാൻ ഒരാള് വേണം അപ്പൊ ഇവിടെ എന്താണ് അധ്യസ്യ വ്യവഹാര അധ്യസിച്ചിട്ട് ുന്നുരേ ഇതെല്ലാം ആത്മാവിൽ സംഭവിക്കുന്നു എന്ന് ഞാൻ പറയാൻ പറ്റും കാരണം പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ഒരാളിന്റെ ആവശ്യമൊന്നുമില്ല എന്തുകൊണ്ട് ഇതൊന്നും സത്യമല്ല ഇതൊരു ഭ്രാന്തിയാണ് അപ്പൊ അവിടെ പ്രവർത്തിക്കാനും പ്രത്യേകിച്ച് ഇല്ല ഇത് പിന്നെ ഇങ്ങനെ മരീചിക പോലെ ഇത് ആത്മാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നെ പറയാം അപ്പൊ ഇവിടെ അത് രണ്ടും ചെയ്യുന്നവൻ ആണെങ്കിൽ കർത്താവ് എന്ന് പറയുന്നത് ആത്മാവാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹ വ്യവഹാര എന്ന് പറയുമ്പോൾ രണ്ട് ക്രിയയെക്കുറിച്ച് മനസ്സിലാകുന്നു ക്രിയയെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ക്രിയ വേണമെങ്കിൽ എന്ത് വേണം അത് കർത്താവ് വേണം ആ കർത്താവ് ഒരാളാണ് ഒരാളാണ് ഇതൊക്കെ ചെയ്യുന്നത് ആര് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാൻ ആരുമില്ല ഇതൊക്കെ ആത്മാവിൽ സംഭവിച്ചുകൊണ്ട് എന്തുകൊണ്ട് ചെയ്യാനിവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ വാസ്തവത്തിലൊന്നും ഇല്ല ഈ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ വ്യവഹാരത്തിലാണ് വ്യവഹാരിക ജീവിതത്തിലാണെന്ന് പറയുന്നത് ഭുക്വാ പ്രജതി ഒരാള് ഭക്ഷണം കഴിച്ചിട്ട് സഞ്ചരിക്കുന്നു ഇത് പറയുന്ന എന്താണ് പരമാർത്ഥത്തിലുള്ള ആത്മാവിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആത്മാവിൽ സംഭവിക്കുന്ന മനസ്സിലാക്കുക എന്നുള്ളതാണ് അതാണ് അത്രാസ വ്യവഹാരക്രിയാഭ്യാം അധ്യാസം വ്യവഹാരം എന്ന് പറയുന്ന രണ്ട് ക്രിയകൾ ഇവിടെ മൂലത്തിൽ പറഞ്ഞു അധ്യസ്യ വ്യവഹാര ഇതിലൂടെ ക്രിയാഭ്യാം കർത്ത ഉന്നീത ഏതൊരു കർത്താവിന് ആണോ ആക്ഷിപ്തമായത് എന്ന് വെച്ചാൽ ഏതൊരു കർത്താവാണോ ലഭിച്ചത് എങ്ങനെ ലഭിച്ചു കർത്താപത്തിയിലൂടെ ശ്രദ്ധിക്കുന്നതിനാണ് ഉന്നീതമെന്ന് പറയുന്നത് രണ്ട് ക്രിയുണ്ടെങ്കിൽ ആ രണ്ട് ക്രിയക്കും കൂടെ ആരും വേണം ഒരു കർത്താവും അതാണ് ഉന്നീതമായ കർത്താവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഊഹിക്കപ്പെട്ട കർത്താവെന്നും പറയാം ആ കർത്താവ് സസമാന രണ്ടിനും ഒരാളാണ് സമാനം എന്ന് വെച്ച തുല്യമാണ്പരിചിതി എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കർത്താവല്ല പിന്നെ ആരാണ് അതുപോലെ അധ്യാസം എവിടെ സംഭവിക്കുന്നു അവിടെയാണ് എന്ത് സംഭവിക്കുന്നത് എന്ത് സംഭവിക്കുന്നു അധ്യാസം സംഭവിക്കുന്നിടത്താണ് എന്ത് സംഭവിക്കുന്നു കേക്കുന്നില്ല ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധയില്ല എന്താ ഇപ്പൊ ആലോചിച്ചത് അങ്ങോട്ടൊക്കെ നോക്കി വ്യവഹാരം അധ്യാസം സംഭവിക്കുന്നിടത്താണ് എന്ത് സംഭവിക്കുന്നത് വ്യവഹാരം അതാണ് അധ്യാസ വ്യവഹാര ക്രിയാഭ്യാമം ഈ രണ്ട് ക്രിയയിലൂടെ യർത്താവ് ഉന്നീത ഏതൊരു കർത്താവാണോ ഓഹിക്കപ്പെട്ടത് സ സമാന അത് സമാനമാണ് തുല്യമാണ് എന്തിനു തുല്യം എന്തിനു തുല്യമാണ് രണ്ട് ക്രിയക്കും ഏകമാണ് തുല്യം എന്ന് ഏകമാണ് ഇപ്പ ശ്രദ്ധിച്ചു നല്ലത് വേണമെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും മോശമാണെങ്കിൽ മോശം ഒന്നും പറയും അപ്പൊ ശ്രദ്ധിച്ചിരുന്നു നീതഹ ഈ സമാധി ഇവിടെ ആൾക്കാർ പിടിച്ചിരുത്തി വധിക്കുന്നതാണ് എന്താ ഇവരെ വധിക്കുന്നത് ആൾക്കാർ എഴുന്നേറ്റ് ഓടാൻ വേണ്ടി ജ്വാസം കൊണ്ടിങ്ങനെ ബലം പിടിച്ചിരിക്കുന്നതാണ് ഇവിടും കിടത്തില്ല അവസാനം സ്വാമി എന്നാ പിന്നെ കാണാമെന്ന് പറഞ്ഞു ഓടുകയാണ് അത് ഇതൊക്കെ കൈയിരുന്ന ഓർച്ചുകൂടെ പ്രയോഗിക്കുക നമ്മര് നേരത്തെ ഓർത്ത സസമാന സമാന കർത്തൃകത്വേന അധ്യസ്യ വ്യവഹാരേത്യപന്നം സമാന കർത്തൃകത്വമാണ് ഒരാളിലാണ് സംഭവിക്കുന്നത് രണ്ട് ക്രിയെ സംഭവിക്കുന്ന ഇവിടെ ഒരാളിൽ ഏത് രണ്ട് ക്രിയകള് അതാണ് ഇവിടെ ഏതൊക്കെയാണ് രണ്ട് ക്രിയകൾ ഇവിടെ ഇപ്പൊ പറഞ്ഞ ക്രിയകൾ ഏതൊക്കെ രണ്ട് ഒന്നും കേൾക്കുന്നില്ല അധ്യാസവും വ്യവഹാരവും അതാണ് സമാന കടത്തകത്വൻ അതിനൊരു കർത്താവണുള്ളത് കർത്താവ് എന്ന് വെച്ചുകൂടെ കർത്താവായിട്ട് എടുക്കരുത് ആത്മാവാണ് അതിനാധാരമായിരിക്കുന്നത് അധ്യസ്യ വ്യവഹാര ഈപന്നം അതുകൊണ്ട് അധ്യസ്യ വ്യവഹാരം എന്ന് പറഞ്ഞ് ശരി എന്നെ രണ്ടു ആത്മാവൽ സംഭവിക്കുകയാണ് പിന്നെ അദ്ദേഹ വ്യവഹാരം ഭുക്വാൃതി എന്ന് പറഞ്ഞാൽ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് പിന്നീട് പോകുന്നു എന്നാണ് ഒരു കൈ മുമ്പും മറ്റൊന്ന് പിമ്പുമായിരിക്കും അപ്പൊ അദ്ധ്യസ്യ വ്യവഹാരം പറഞ്ഞാൽ ഒന്ന് മുമ്പിൽ സംഭവിക്കണം അടുത്തത് പിന്നീട് സംഭവിക്കണം അതുപോലെയാണ് ഇവിടെ പൂർവകാലത്ത് സൂചിതം അധ്യാസ്യവഹാര കാരണത്വ സൂചി അധ്യാസ്യ പൂർവകാലത്വ സൂചിതം അധ്യാസ്യ അധ്യാസത്തിന്റെ പൂർവ്വകാലത്തൂടെ സൂചിപ്പിച്ച് എന്തുകൊണ്ടോ ഇവിടുത്തെ ലബന്ധക്രിയ അധ്യസ്യ ത്വാ വന്നിട്ടില്ല പോ ലബന്തക്രിയ എന്ന് പറയുന്നത് എപ്പോഴും പൂർവ്വകാലത്ത് സൂചിക്കും അധ്യയനം ചെയ്തിട്ട് സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ലബന്ധക്രിയ എപ്പോഴും എന്തായിരിക്കും പൂർവ്വകാലത്തെ സൂചിപ്പിക്കുകയാണ് അപ്പോ പൂർവ്വകാലത്തെ സുചിത അധ്യാസ്യ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം വ്യവഹാര കാരണത്ത് സുചൈതീ അപ്പോ വ്യവഹാരത്തിന് കാരണമാണ് ഏത് കാരണം അധ്യാസം കൊണ്ടാണ് വ്യവഹാരം സംഭവിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് വ്യവഹാരം സംഭവിക്കുന്നു അധ്യാസമുള്ളത് എന്നുവെച്ചാൽ ചിന്തയും വാക്കും പ്രവർത്തികളും എല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു അധ്യാസമുള്ളതും അധ്യാസം ഒന്നുമില്ല ഭ്രാന്തി അതുകൊണ്ടാണ് അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ അത് സൂചേരി എന്നുവെച്ചാൽ വ്യക്തമാക്കുന്നു എന്നർത്ഥം അഭ്യാസ്യ വ്യവഹാര കാരണത്തെ സൂചേരി അതിനുവേണ്ടിയിട്ടാണ് വീണ്ടും ഒരു വാക്കുകൂടെ പറഞ്ഞെന്താണ് വ്യവഹാരമെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും പക്ഷെ ഇവിടെ അത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് സൂചന എന്ന് ചോദിച്ചാൽ വ്യക്തമാക്കുന്നത് നിമിത്തോ വ്യവഹാര അപ്പോ അവിടെ ഒന്നുകൂടെ ചേർക്കണം അന്ത്യസ്യ മിഥ്യാജ്ഞാനിമിത്തോന്യസ്മിൻ അന്യോന്യാത്മകത അന്യോന്യധർമാ അധ്യസ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത പദം എന്താണ് മിഥ്യനിമിത്തോ മിഥ്യജ്ഞാനം അധ്യാസ തന്നിമിത്തഭാവ അനുവിധ ഭാവ അഭാവയോരുത്യർത്ഥം ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭാവതികരുടെ വ്യാഖ്യാനമനുസരിച്ച് മിഥ്യാജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ് അധ്യാസം വിവരണകാരന്റെ അഭിപ്രായം മിഥ്യാജ്ഞാനം എന്ന് വെച്ച അനുവചനീയമായ അവിദ്യാശക്തി രണ്ടുപേരും രണ്ടുതരത്തിലർത്ഥം പറയുന്നു ഇവിടെ അധ്യാസം എന്ന് പറഞ്ഞാൽ മിഥ്യാജ്ഞാനം അതായത് മിഥ്യ പ്ലസ് ജ്ഞാനമാണ് ഇവിടെ മിഥ്യാജ്ഞാനം മറ്റിടത്ത് അങ്ങനെയല്ല മിഥ്യാപ്ലസ് അജ്ഞാനമാണ് വിവരണകാരം പറയുന്നു മിഥ്യ പ്ലസ് മിഥ്യാപ്ലസ് കൂടുതലെന്ന് വെച്ചാൽ അധ്യാസം അപ്പൊ മിഥ്യാജ്ഞാന നിമിത്ത മിഥ്യാജ്ഞാനം നിമിത്തം യെസ് മിഥ്യാജ്ഞാനം നിമിത്തമായിരിക്കുന്നു ഏതിന് Eh? Oh. ം നിമിത്തമായിരിക്കുന്നു വ്യവഹാരത്തിൽ മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാ എന്താ അർത്ഥം പറഞ്ഞു പോയി മിഥ്യാജ്ഞാനത്തിന് എന്താ അർത്ഥം പറഞ്ഞത് അധ്യാസം ഭ്രാന്തി അധ്യാസത്തിനടത്ത ഭ്രാന്തി അപ്പൊ ഭ്രാന്തിയാണ് വ്യവഹാരത്തിന് കാരണം എന്ന് പറഞ്ഞ അറിയുന്നതിനും ചിന്തിക്കുന്നതിനും പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും കാരണമായിരിക്കുന്ന എന്താണ് എന്ന് പറഞ്ഞ ഭ്രാന്തി ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അതാണ് മിഥ്യാജ്ഞാന നിമിത്ത വ്യവസ്ഥ അപ്പൊ ദ്ധ്യാസം എന്ന് പറഞ്ഞാലും മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞാലും ഒരു അർത്ഥം തന്നെ ഇവിടെ അധ്യക്ഷ വ്യവഹാരം എന്ന് പറഞ്ഞാലും മിഥ്യാജ്ഞാന നിമിത്ത വ്യവഹാരം എന്ന് പറഞ്ഞാലും അധ്യാജ്ഞാനത്തിനും മിഥ്യാജ്ഞാനത്തിനും അർത്ഥവ്യത്യാസമില്ല ആരുടെ അഭിപ്രായത്തിൽ ബഹുമതികാരന്റെ അഭിപ്രായത്തിൽ മറ്റേ ആളുടെ അഭിപ്രായത്തിൽ വ്യത്യാസമുണ്ട് ആരുടെ അഭിപ്രായത്തിൽ വിവരണത്തിന്റെ അഭിപ്രായത്തിൽ രണ്ടും ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് പത്മപാതാചാര്യരുടെ വ്യാഖ്യാനമാണ് പഞ്ചപാതിക അതിന്റെ വ്യാഖ്യാനമാണ് വിവരണം ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനം തന്നെയാണ് ഇത് ഭാമതികാരന്റെ വ്യാഖ്യാനമാണ് വാചസ്വീശ്വരന്റെ വ്യാഖ്യാനമാണ് ഭാമതി രണ്ടിനും രണ്ടിനും ഒരു പദത്തിന് രണ്ടർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്വൈതത്തിൽ പല പ്രക്രിയകൾ വരുന്നത് പലതും പലതരം ഇതാണ് വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുന്നു വ്യാഖ്യാനങ്ങളെന്ന് പറയുന്നത് ആത്യന്തികമായി തത്വം ഒന്ന് തന്നെ പക്ഷെ വിശദീകരണങ്ങളും വ്യത്യാസം അപ്പോ മിഥ്യാജ്ഞാന നിമിത്ത വ്യവഹാരം അതെന്ന് പറഞ്ഞ മിഥ്യാജ്ഞാനം അധ്യാസ പറഞ്ഞ തന്നിമിത്താന്ന് വെച്ചാൽ മിഥ്യാജ്ഞാന വ്യവഹാരം ഇത് അടിയരായിട്ട് വയ്ക്കണം വ്യവഹാരത്തിന് കാരണം ഭ്രാന്തി പറഞ്ഞാസം പറഞ്ഞ ഇവിടെ പറഞ്ഞത് വിദ്യാസം വ്യവഹാരം പോയി മിഥ്യാജ്ഞാനം ഇത്രയും ഓർത്തു വെച്ചാൽ ഇത്രയും ഓർത്തു വെച്ചാൽ തന്നെ വല്യ കാര്യം